ഉപമുക്തം പദ്ധജന്മനോ യോഗം പഠിതം കഥയാതജന്മന അപ്പൊ അതൊരു മംഗളശ്ലോക അതിനകത്തൊന്നുമില്ല ഞങ്ങൾ വിട്ട അത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനൊന്നും പറഞ്ഞതേ പത്മജന്മന ഭഗവത സർഗാഗ ലോകശാന്ത്യർത്ഥം പൂർവമിത്വം വിജ്ഞാനം കഥിതം ലോകശാന്തിക്ക് കഴിഞ്ഞു ആത്മജ്ഞാനം സംസാരം നിർത്തി അതൊക്കെ ഇവിടെ ലോകശാന്തി ഉണ്ടെടുക്കും പുറമു സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വിജ്ഞാനം ഉപദേശിച്ചാണ് നേരത്തെ പറഞ്ഞ ആവയോ വൈരശാന്തി എടുത്ത് നമ്മളിപ്പോൾ മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെയല്ല സൃഷ്ടിയിലെ ആരംഭത്തിൽ തന്നെ പറഞ്ഞ വിജ്ഞാനം കഥിതം അതിനെ അഹ് കഥയമായി ഞാൻ പറയുന്നു ശ്രീരാമവാജ് അപ്പൊ വസിഷ്ഠനേറ്റും വിശ്രാമിച്ചെന്നാവശ്യപ്പെട്ടു വശിഷ്ഠൻ ഏറ്റും ഞാൻ മനസ്സിലും അപ്പോ രാമൻ പറയാ പഠയിഷ്യസി വിസ്തീർണ ഭഗവസുഖിതം താപക്ഷണം ചേർന്ന് നിവാരയാ ഭഗവ വിസ്തീർണ മോക്ഷസുഭിത പറയുകയാണ് രാമൻ വിസ്തീർണമായ മോക്ഷസംഹിത എന്നുവെച്ചാൽ ബ്രഹ്മാവാദിയിലുപദേശിച്ചത് അത് വളരെ വലുതാണ് വലുതാണെന്ന് വാസംഹിത എന്ന് പറയുന്നത് വളരെ വലുതാണ് മഹാഭാരതത്തിനെയും പറയും മോക്ഷസംഹിത എന്ന് ഒരു പേരാണ് അതിനെ പറയണം അങ്ങോട്ട് പറയണം ഇവം താവ ക്ഷണം ജാതം സംശയം ഇപ്പം എന്റെ മനസ്സിലൊരു സംശയം വരും ഇപ്പൊ വന്ന നേരത്തെ ഉള്ള ആദ്യം അത് നിവാരണം ചെയ്യണം സംശയം പിതാശുഖ്യസർവജ്ഞോ ഗുരുവ്യാസോഹാമി വിദേഹം കഥം കഥംസ് ഇതാണ് എന്റെ സംശയം ശിവസ്യ പിത ശിവന്റെ അച്ഛൻ സർവജ്ഞ മഹാമനി വ്യാസ ഗുരു ഇതെല്ലാം വ്യാസൻ വിശേഷിപ്പിക്കുന്നു അദ്ദേഹം മഹാമനിയാണ് മഹാത്മാവിനിയാണ് സർവജ്ഞനാണ് ഭൂതം വർത്തമാനം ഭാവി എല്ലാം അറിയുന്നവനാണ് ഗുരുവാണ് ശിവന്റെയും അങ്ങനെയുള്ള വ്യാസങ്ങൾ വിദേഹമുക്തമാണ് കഥ എന്തുകൊണ്ടും വിദേഹമുക്തനായില്ല അതാണ് സംശയം കഥമുക്തസുതോസ് അസ്യസുഖ സസു അവന്റെ പുത്രൻ വ്യാസപുത്രൻ എങ്ങനെ മുക്ത വിദേഹമുക്തനായി ഇങ്ങനൊരു സംശയം വരാൻ കാരണം ഈ പറഞ്ഞ കഥയാണ് കഥയിൽ പറയുന്നതാണ് സുഖൻ പിതാവിനോട് ചോദ്യം കൊണ്ട് ചോദിച്ചു പിതാവ് പറഞ്ഞു ജനകന്റെ അടുത്ത് പോകാൻ പറഞ്ഞു ജനകന്റെ അടുത്ത് എങ്കിൽ ജനകൻ പറഞ്ഞു നീ എല്ലാം അറിഞ്ഞവരാണെന്ന് പറഞ്ഞു പിന്നീട് സുഖൻ നേരെ പോയി എവിടേക്ക് പോയി നിർവികൽപ്പ സമാധിയിലേക്ക് ആ നിർവികൽപ്പ സമാധിയിലൂടെയാണ് ഇദ്ദേഹം നേടുന്നത് എന്നുള്ള ധാരണയിൽ ഈ ഒരു ധാരണയിലാണ് ഈ ചോദ്യം വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യാസന് അങ്ങനെ പോയി നിർവികൾക്ക് സമാധി എന്നതായിട്ട് പറയുന്നത് മകനാണ് പോയിരുന്നത് അപ്പോൾ മകൻ നിർവികൾക്ക് സമാധിയിലൂടെ ദേഹമുക്തി നേടി എല്ലാം ഇതാണ് രാമ കാരണം വ്യാസനില്ലാത്തവർ പ്രത്യേകത പുത്രനായ സുഖന് പറഞ്ഞിരിക്കുന്നവിടെ അത് കേട്ടുകഴിഞ്ഞാൽ പുത്രൻ മുത്തനായി എന്ന് തോന്നും വ്യാസ മുഖങ്ങളെല്ലാം തോന്നും അതുകൊണ്ട് ഈ കേട്ട കഥയ്ക്കനുസരിച്ച് രാമന്റെ സംശയം ന്യായമാണ് രണ്ടുപേരെയും ഒരുപോലെ അല്ലെ കൂടെ പറയും ശ്രീ വഷ്ണവാച പരമാത്മ പ്രഭാസ് അന്തം ത്രിജപത് ത്രസരേണമായ ഉത്പത്തി ഉത്പത്തിനായേ സംഖ്യാപിത്തെ അതിരം പറയ സാധാരണ ചോദ്യങ്ങൾ നേരത്തെ ഉത്തരം പറയാറില്ല അത് പഴയൊരു രീതിയാണ് രീതിയിലും അങ്ങനെയല്ല പല ഭാഗത്തും സന്യാസവും കർമ്മണാവും കൃഷ്ണ പിന്നൊരു യോഗം എച്ച് കർമ്മങ്ങളുടെ ത്യാഗത്തെ കുറിച്ച് പറയുക കർമ്മയോഗത്തെക്കുറിച്ച് പറയുക പിന്നെ ഏതാണ് ശ്രേയസ് എന്നിവ ഉടനെ നിന്നതാണ് ശ്രേയസ് എന്ന് പറയത്തില്ല അതിൻ്റെ ഒരു ഇതാണ് കുറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോദ്യം പോലെ പലപ്പോഴും ഉത്തരം നേരിട്ട് പറയാൻ പറ്റത്തില്ല ആ കാരണം ചോദിക്കുന്ന ആളും നിസ്സാരമായി ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാലും ആ ഉത്തരം കേൾക്കുന്ന അതുകൊണ്ട് ഈ ചോദ്യത്തിന് വ്യാസനെന്തുകൊണ്ട് വിധേയമുക്തനായില്ല എന്നുള്ള ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പറയുന്നില്ല പറയും കുറച്ച് വയതും നേരിട്ട് പറയാൻ പറ്റും അതാണ് അതിന്റെ ഒരു എന്താണ് ചുറ്റുവട്ടം എല്ലാം ഒരുക്കിയെടുക്കുകയാണ് എന്താണ് പറയുന്നത് പരമാർക്കാശം പരമാർക്കാശം പരമ അർക്കണ്ട പ്രകാശം എന്ന് പറയുന്നത് ചിതാവകാശം കൂടെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയും ബ്രഹ്മസ്വയം ചിത്താണ് ആ ചിത്ത് സർവവ്യാപിയായി ഇരിക്കുന്നോണ്ട് തന്നെ ആകാശത്തോട് ഒന്നിച്ച് അല്ലെങ്കിൽ രൂപകമായി പറയും ചിതാവകാശം ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ചിത്ത് അപ്പോ ഇവിടുത്തെ സിദ്ധാന്തം ഈ പ്രപഞ്ചം ചിത്തിലാണ് നിൽക്കുന്നത് ചിത്ത് എന്തിനാകുന്നത് ചിത്തിൽ അനുഭവപ്പെടുന്നു കാണുന്നവന് ബോധത്തിൽ അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം അല്ല പ്രപഞ്ചത്തിന് ഈ ബോധത്തെ ആശ്രയിക്കാനുള്ള സ്വതന്ത്രമായി ഒരു സത്തയിൽ അപ്പോ ബോധത്തിലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതെങ്ങനെയോ അതാണ് പരമാർക്കാശമാണ് പരമാർക്കാശം ബോധാകാശത്തിന്റെ ഉള്ളിൽ ത്രിജഗത് ത്രിസരേണവ സൂര്യനവിടെ അർക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തോണം പരമം എന്ന് പറഞ്ഞോണ്ട് ബ്രഹ്മം എന്തുകൊണ്ട് പ്രകാശിക്കുന്നുണ്ട് സ്വയം പ്രകാശിക്കുന്നുണ്ട് ആ ചിതാവകാശം എന്നൊക്കെ എനിക്ക് പറയുന്ന വാക്ക് ഞാൻ അഡ്വാൻസ് ആയി പറയുന്നതാണ് അതൊക്കെ ധാരാളം കേക്കാൻ പോകുന്ന വാക്കുകളാണ് പരിചയിച്ചിരുന്നു അതിൽ പറഞ്ഞു ബ്രഹ്മന്ന് പറയുന്ന ഒരു ചിതാവകാശം എന്ന് പറയുമ്പോഴാണ് ബോധത്തിന്റെ വ്യാപ്തി ബോധം നമ്മുടെ അനുഭവത്തിൽ എന്താണ് നമ്മളെ പ്രകീരിക്കുന്നു നമ്മുടെ തലക്കകത്തിരിക്കുന്നു അങ്ങനെയല്ലേ നമ്മൾ ധരിക്കുകയും ഇത് അങ്ങനെയല്ല ഇത് സർവ്വം വ്യാപിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിത് ആകാശം എന്ന് പറയുന്നത് അതിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ദൈവത്തിന്റെ ദർശനമാണ് ഞാൻ അടുത്ത് പറയുന്നത് ദൈവത്തിന്റെ ഭാവനയാണ് ത്രിജഗത്സരാണ് ഇത് വാസിട്ടത്തിൽ ഞാൻ അങ്ങോട്ട് കടന്നു പോകുമ്പം നമ്മള് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത് വാസിട്ടം വർക്ക് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ഒരു ദാർശനികനാണ് ഇത് എഴുതിയാളും ഇവിടുത്തെ വസിഷ്ഠനും രാഹിനുമൊക്കെ ഒരു കഥാപാത്രമാണ് എഴുതിയാളും കുറിച്ചു നല്ലൊരു ദാർശനിക ഇത് എഴുതിയിട്ട് അത്ര അധികം കാലോപായിട്ടുണ്ട് ശങ്കരായ ശേഷം മുസ്ലിങ്ങൾ കൂടെ വന്നതിന് ശേഷം അത് എഴുതിയത് വാസിഷ്ഠനൊക്കെ അപ്പോഴത്തേക്കും കാലഘരണപ്പെട്ടു പോയി രാമരുത്തി തരത്തിൽ രാമൻ സ്വന്തം അഞ്ചു പിന്നെ ഇതൊക്കെ കഥാപാത്രങ്ങളുണ്ട് ഇദ്ദേഹം പക്ഷെ ഇദ്ദേഹം ഇത്തരം കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് ദർശനവും തന്റെ എന്താണ് ഭാവന ഭാവന വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഇത് നമ്മൾ വേറെ ഒക്കെ തിരിച്ചു എന്നറിയില്ല അല്ലെങ്കിൽ ആണ് നമ്മൾ കൺഫ്യൂഷനിലായി ഒത്തിരി പേര് ആ കൺഫ്യൂഷനിലാണോ ഭാവനയിൽ എന്തൊക്കെ പറയുന്നു ദൈവത്തിന്റെ ദർശനം എന്താണോ ഭാവന വെറും ഒരു ഭാവനയല്ല ഒരു നല്ല കവിയാണ് സംസ്കൃത ഭാഷയിൽ കൃതഹസ്ഥനല്ല പദസമ്പത്ത് പിന്നെ അലങ്കാരത്തിലൊക്കെ അഭിസമൃദ്ധ ഭാഷ ശരിയായി ഉപയോഗിക്കാൻ അറിയണം എന്നുള്ളവരാണ് അങ്ങനെ പല സിദ്ധിവിശേഷങ്ങളും ഉള്ള ഒരു ഒന്നാമതൊരു കവിയാണ് കഴിഞ്ഞത് അപ്പോ സ്വാഭാവികമായിട്ടും കവി എന്ന് പറഞ്ഞാൽ ഈ ഭാവന കടന്നു ഈ ഭാവനയെ യഥാർത്ഥമായി ഭ്രമിച്ച പോലെ അതെന്തോ ഒരു സത്യമാണെങ്കിലും ഭ്രമിക്കുക ദർശനത്തെ ദർശനമായിട്ട് സഹിക്കും അതിനോട് ദാർശനികമായ യഥാർത്ഥമാണ് ഭാവനയ്ക്ക് ഭാവനയുടെ ഒരു മൂല്യമാണ് രണ്ടും തിരിച്ചറി അദ്ദേഹം ഈ പറയുന്ന പറയുന്ന പരമാർത്ഥ പ്രകാശം ദ്ദേഹത്തിന്റെ ദർശനം ബോധത്തിലാണ് ഇതെല്ലാം ഈ പ്രപഞ്ചം പ്രപഞ്ചം അങ്ങനെയാണല്ലോ ത്രിജഗത്സരം ജഗത്ത് എന്ന് പറയുന്ന സാറസരും ഇത്തരം കാവ്യങ്ങളിലൊക്കെ പ്രയോഗിക്കുന്നതാണ് ത്രിജഗത്ത് അതൊരു വൈദികമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ലോകത്തെ മൂന്നായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ബഹുർബോസ്വ അതിനകത്തെല്ലാം വരും മൂന്നിനോ പുരാണങ്ങളിലെല്ലാം പറയുകയും അത് എന്താണ് ത്രിസരേണുക്കളെ പോലെയാണ് അതാണ് ത്രിസരേണു എന്ന് പറയുന്നത് ഈ ത്രിസരേണെന്ന് പറയുന്നതും പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇരുളണ്ണ മുറിക്കകത്ത് ജനൽകൂളി പ്രകാശം വന്നുകഴിഞ്ഞാൽ ആ പ്രകാശത്തിൽ ഇങ്ങനെ പൊടിപടല നമ്മള് പൊടിയില്ല എന്ന് വിചാരിക്കുന്നു മുറിക്കാത്തത് ആ പ്രകാശത്തിൽ നോക്കിയാൽ നിരന്തരം പൊടിയും പടലങ്ങൾ ഇങ്ങനെ കറങ്ങി മറയുന്നതാണ് ഇവിടെ കാറ്റുണ്ട് പൊടിയുണ്ടെല്ലാം ഉണ്ട് സാധാരണ നമ്മൾ കാണത്തില്ല ഇരുട്ടത്തിൽ വെളിച്ചം വന്നാലേ കാണും ടോർച്ചടിച്ചാൽ നമ്മളെ കണ്ണോണ്ട് പ്രകാശത്തെ കാണുന്നതാണ് തൃശലേ നമ്മൾ തർക്കശാസ്ത്രത്തിൽ പഠിച്ചാൽ എങ്ങനെയാണോ ഈ വെളിച്ചത്തിൽ ത്രിശ്രേണുക്കളെങ്കിൽ കിടന്ന് പൊടിപഠനങ്ങൾ കറങ്ങുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ എന്താണ് ഈ ബോധത്തിൽ ഈ ത്രേണുകൾ കറങ്ങുന്നത് പോലെ ഈ കാണുന്ന പ്രപഞ്ചം പ്രപഞ്ചം പറഞ്ഞാൽ എന്താ പറയുന്നത് എന്തിനാ പറയുന്നത് ഇവര് എന്ന് പറഞ്ഞ എന്തിനാവന ഒ ഭാവന ചെയ്യുമ്പോ നമ്മളതിനൊപ്പം എത്തണം അതുപോലെ നമുക്ക് ആ ഭാവന ആസ്വദിക്കാൻ പറ്റും ഭാവനയെയും സ്വയം വളർന്നു പോലെ ഭാവനയും ഭാവനയും തിരിച്ചറിയുന്നെങ്കിൽ നമ്മൾ നിലവുമ്പോടെ നോക്കുമ്പോൾ പൊട്ടിത്തറങ്ങി ആ ഞെ പറയുന്ന രാത്രി ആകാശത്ത് കാണുന്നത് നോക്കിട്ട് പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നു ഇതാണ് ഇവരുടെ ഭാവനക്ക് അടിസ്ഥാനം രാത്രി മേളിലോട്ട് നോക്കുന്നത് എന്നാണ് ഇവര് എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് കറങ്ങുന്നത് താൻ കാണുന്നു അറിയുന്നു അപ്പൊ തന്റെ കറി തന്റെ അറിവിലാണിതെല്ലാം ഇങ്ങനെ നിൽക്കുന്നതെന്ന് എന്തൊരു കാഴ്ചപ്പാടിന്റെ വലിയ ബുദ്ധിയൊന്നും വേണ്ട ആർക്കും അങ്ങനെ ഭാവനയില്ല അപ്പോ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാണെങ്കിൽ അവിടെ അവരുടെ മനസ്സിൽ വരുന്ന എന്താണ് തിരസരേണുക്കളാണ് അപ്പോ ഈ കുടിക്കോടകങ്ങൾ വെളിച്ചത്തിൽ ഇറങ്ങുന്ന പോലെ ബോധാകാശത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും ഭൂമി ഉൾപ്പെടെയുള്ള ചന്ദ്ര ഗ്രഹ നക്ഷത്രാദികളെല്ലാം ഇതാണ് ഈ പറയുന്നത് കോസ്മോളജി പറയത്തില്ല ബോധത്തിൽ നിന്ന് വിലസുന്ന കോസ്മോളജി പറയത്തില്ല കോസ്മോളജിയെ കുറിച്ച് അറിയാത്ത അത് നമ്മുടെ ബോധത്തിൽ നിന്ന് കറങ്ങുന്നു എന്നാലും പറയത്തില്ല ആ അത് ശരിയാണ് അത് ശരിയാണ് കാരണം ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറയുന്നതിന് നമുക്ക് കോസ്മോളജി പഠിക്കണം നമ്മൾ കാണുന്നതിന് വേണ്ടി നോക്കിയാണ് നമ്മൾ ആകാശത്ത് നോക്കിയാൽ കാണുകയല്ലേ ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം ഏ ആ എല്ലാം കറങ്ങണം കറങ്ങൊണ്ടിരിക്കുന്നു വെച്ചാ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ എന്താണ് തൊണ്ണൂറ്റിയഞ്ച് സെന്റൻ ലൈറ്റ് ഇയർ മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അതിനകത്തുള്ള ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം ഒന്നും അറിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അത് വികസിക്കുന്ന വെച്ചാ കറങ്ങാണ് ഗ്രാവിറ്റേഷൻ അതുകൊണ്ട് അതിൽ തന്നെ എന്താണോ ബ്ലാക്ക് ഹോളുകളുണ്ട് ഡാർക്ക് മാറ്റിലുണ്ട് മനുഷ്യനറിയാൻ വയ്യാത്ത എന്തെല്ലാം ഇത് ഈ പറയുന്ന ആകാശത്ത് പറയുന്നതാണ് പക്ഷെ എന്ത് കണ്ടെന്ന് അമ്പരം നയിക്കുന്നു ഒരു പടിയും കിട്ടാത്ത ഈ കാണുന്നതിന്റെ നമ്മള് കാണുന്നതിൻ്റെ എമ്പത്തി അഞ്ച് ശതമാനം ഡാർക്ക് മാറ്റിലാണ് അതെന്തെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളുകൾ മനുഷ്യന് യാതൊരു ധാരണയില്ല അത്ര വിമിതമാണ് ഇന്നത്തെ കോസ്മോളജി എന്ന് പറയുന്നത് പക്ഷേ ഇത് ചലിക്കുന്നു എന്ന് പറയുന്നത് വികസിക്കുന്നുണ്ട് ഒരു വികാസ സംഭവിച്ചുകൊണ്ട് അല്ലാതിന് അപ്പുറം എന്താണ് അതൊരു പിടിയില്ല മനുഷ്യന് മനുഷ്യൻ്റെ ഈ ചെറിയ ബുദ്ധിമുട്ടെന്ന് വളരെ പരിമിതമാണ് ഇവരി പറയുന്ന എന്താണ് ഭാവനയുണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ പഴയദാർ അത് ഇത് ഭാവന ചെയ്യുന്നതിന് അത് ഇവിടെ മാത്രമല്ല പുരാണങ്ങളിലൊക്കെ ഇതുപോലെ പറയും അണ്ട കടാഹ കോടികളെന്നൊക്കെ പറയും കാരണം അത് ഭാവന ചെയ്യണം പുഷ്പക വിമാനത്തെ ഭാവനയിൽ യാഥാർത്ഥ്യമായിരുന്നു ആദ്യ ഭാവനയിൽ ഒരു വിമാനമല്ല പുരാണങ്ങളുടെ ഒത്തിരി വിമാനങ്ങളുണ്ട് അത് പുഷ്പ വിമാനം ആണ് രാമായണത്തിൽ വരുന്ന ഒരു വിമാനം ഈ രാണ്ട് പലയിടത്തും പറയുന്നത് എന്താണ് ആകാശം നിറയെ വിമാനങ്ങളെ കൊണ്ടങ്ങ് നിറഞ്ഞതാണ് ഒന്നു രണ്ട് വിമാനമല്ല അത് പലതരത്തിലുള്ള വിമാനം അതിനൊക്കെ വർണ്ണിക്കുന്നുണ്ട് അല്ല ഒരു പല ജെറ്റ് പ്ലെയിനുകൾ ബോയിങ് തേജസ് റാഫേല് ഇങ്ങനെ ഒത്തിരി ഈ പേരൊന്നും അല്ല വേറെ പേരെന്നേ ഉള്ളൂ പേരെ രീതി വർണ്ണിക്കുന്ന അപ്പോ അവൻ മനുഷ്യന് ഭാവന ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ അവര് ഭാവനകളുണ്ട് ഇത് കാലത്ത് യാഥാർത്ഥ്യമായി അതുപോലെ ഇവരും എന്തെങ്കിലും അവകാശം ഭാവന എണ്ണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടെണ്ണ കടാഹോണി എന്ന് പറയും പിന്നെ മനുഷ്യൻ ഇത് എന്താണ് ഈ ഗാലക്സികളെ കുറിച്ചും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും അതോ മനുഷ്യന്റെ അറിവ് ഒരു ആയിരത്തി എണ്ണൂറ് ശേഷമാണു പത്തിരുന്നൂറ് വർഷമായിട്ടുള്ളു അത് കൂടുതലും ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇത്രേ കാലമേ ഉള്ളൂ മനുഷ്യന്റെ അറിവ് ഇതിനെ കുറിച്ചൊക്കെ വസ്തുനിഷ്ഠമായ അറിവുണ്ടായിട്ട് ഇന്ന് പറയുന്നതാണ് ഇവർ മുമ്പേ പറഞ്ഞുവച്ച് എന്ന് പറയുന്നത് അവിടെ അബദ്ധമാണ് അത് ഭാവനയാണ് ഇത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണ് ഇതല്ലൊരു വ്യത്യാസം ഭാവനുണ്ട് അതുപോലെ എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് എന്താണ് ഇത് നല്ല കവിത്വശക്തിയുള്ള ഒരാളുടെ ചമത്കാര ഭാവനകളാണ് അതുകൊണ്ട് വീണ്ടും ഭാഷാ സമടികളും അലങ്കാര പ്രയോഗങ്ങളൊക്കെ നല്ല വശമുണ്ടെങ്കിൽ പറയുന്നത് അവർക്ക് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ പറ്റും അടുത്ത കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും ഒരു ഗുരു അടുത്ത കാലത്ത് പറഞ്ഞു ശിഷ്യന്മാരൊക്കെ എടുക്കൊണ്ട് അതിന്റെ വീഡിയോ തന്നെ കിട്ടും നിങ്ങളൊന്ന് നോക്കിയ എന്ത് പിഡിത്തങ്ങളൊക്കെയാണ് പറഞ്ഞ ഒരാൾക്കാരുടെ മുൻപിൽ പിന്നെ ട്രോളോണ്ട് ട്രോള് ട്രോളാണല്ലോ ഇപ്പോഴത്തെ പ്രധാന പരിപാടി നിങ്ങൾ ആരെങ്കിലും കേട്ടോന്നറിയത്തില്ല ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അത് അസ്ത്ര ആലയമാണ് കേട്ടാരെങ്കിലും അല്ല ശിഷ്യന്മാർ എ പി എസ് ആരും ഐ എസ് ആരും ഓരോ കാര്യം കൊണ്ട് ഇത് ഇങ്ങനെയാകും ഗുരുജി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് എന്ന് വെച്ചാ ഉദ്യോഗത്തിൽ കാരെങ്കിലും അതിന് കോമൺ സെൻസ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിടിയുടെ അമ്മ പോയിരിക്കുന്നത് തലവനിക്കുന്നത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ അസ്ത്രാലയെന്തസ്ത്രാലയം പാണ്ഡവന്മാർ പണ്ട് എന്താണോ അവിടെ ആയുധങ്ങളിൽ വെച്ച സ്ഥലമാണ് ഓസ്ട്രേലിയയിലെ എന്താണോ നടുക്ക് മരുഭൂമിയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത് ഓരോ തനകാലത്ത് അണുബം പൊട്ടിച്ചാണ് നിങ്ങളെ പോലെയുള്ളവർക്ക് പറ്റിയതാണ് നിങ്ങൾ കഴുത്ത പരിചയം എന്നെ പോലെ ഉള്ളവരെ കഴുത്തിൽ പിടിച്ച് പുറത്താണ് ലോക്കല്ല വീഡിയോ കാണാം യൂട്യൂബ് നോക്കാറുണ്ടോ അല്ല ഇരുന്ന് അടിച്ചു നോക്കിയാണ് പറയുന്ന ഗുരുവിന്റെ ചിത്ര ഇത് കാണാം ഏസ്ട്രേലിയ ഈ അസ്ത്രാലയം ഇത്രയോട് ചോദിക്കുക അസ്ത്രാലയം ഏ അതൊന്നും ചോദിക്കരുത് ഈ മുമ്പ് ഇരിക്കുന്ന ഐ പി എസിനോ ഐ എ എസിനോ കോമൺ സെൻസ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ദിവന്മാരൊന്നും ഇങ്ങനെ തല ഗുരുഷള്ള ഗുരുജിയുടെ വാക്ക് എന്താണ് ഒരുപാട് ട്രോളായിരുന്നു നിങ്ങൾക്ക് ലോകം എന്താണ് നടക്കുന്നത് അറിയുന്നുണ്ട് എന്തൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആള് കിക്കാവുന്നത് പിന്നീട് ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ അധിക്ഷേപിച്ചു വന്നു അത് കണ്ടപ്പോഴായി എനിക്ക് അതിനെക്കുറിച്ച് എന്താണ് ഓസ്ട്രേലിയ എന്ന് മനസ്സിലായത് കാരണം ആയിരത്തി എണ്ണൂറിലൊരു ഇംഗ്ലീഷ് പര്യവേഷകനാണ് ഓസ്ട്രേലിയ എന്നുള്ള പേര് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറിന് ശേഷമാണ് അതിനു മുമ്പ് അതിന്റെ പേര് ന്യൂ ഹോളണ്ടെന്നായിരുന്നു ന്യൂ ഹോളണ്ട് അതിന് മുമ്പ് ഈ പേര് പോല എന്നിട്ടാണ് ഈ മനുഷ്യരുന്നോണ്ട് പറയുന്നത് പാണ്ഡവന്മാർ കൊണ്ടുവച്ച അസ്ത്രാലേ പിന്നെ ഈ ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷനൊക്കെ അവിടെ നടത്തിയെന്ന് പറയുന്നത് ശരിയാ ഈ അടുത്ത കാലത്ത് സാഹിബന്മാരോടെ കൊണ്ടിരി ഒരുപാട് അവിടെയുള്ള ആദിവാസികളെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് അതിന്റെ അകത്ത് ഒരുപാട് പരീക്ഷണം നടത്തി അത് നടത്തിയിട്ടുണ്ട് ഇവിടെ സയന്റിസ്റ്റ് പറയണമെന്നാണ് ഏ സയന്റിസ്റ്റ് ഈ സയന്റിസ്റ്റ് ഇതുപോലെയുള്ള കിഴങ്ങന്മാരുണ്ട് ഈ മുമ്പിൽ ഇരിക്കുന്നതിന് ചില സയന്റിസ്റ്റും കാണും സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോധമുള്ളവനെന്ന് വിചാരിക്കില്ല അവന് കോമൺ സെൻസ് കാണത്തില്ല അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടും ചെയ്യും അതിൽ തന്നെ ഇതിലൊന്നും അതിന് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നവനായിരിക്കും അവൻ ലോകത്തെ കുറിച്ചോ എന്താണ് ഒരു കഥ എഴുതി ഞാൻ ഒമ്പും പറഞ്ഞിട്ടുണ്ട് എന്താണ് എഡിസൺ എന്റെ പൂച്ചക്ക് ഒരു കൂടെ പോയി എന്നിട്ട് അയാളോട് ആവശ്യപ്പെട്ട് കൂട്ടല് എന്താണ് രണ്ട് വാതിലാണ് അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് തള്ളപ്പൂച്ച കയറാ ഒരു വലിയ വാതിലും കുഞ്ഞ് പൂച്ച കയറ ഒരു ചെറിയ വാതിൽ എന്താ എന്താ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാകാത്ത അത് മനസ്സിലാകത്തില്ല ഇതാണ് മനസ്സിലാ പോകാൻ സാധിക്കാ ആ പറഞ്ഞതിന്റെ കോമഡി പോലൊന്നൊന്ന് മനസിലാക്കാൻ പറ്റില്ല കള്ളപ്പൂച്ചയറ ഒരു വലിയ വാതനം കുഞ്ഞുപൂച്ച കേറും ചെറിയ വാതനം എന്ന് പറഞ്ഞിരുന്നു ഓമണി കൂടെ ഇരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലായിട്ട് പക്ഷേ ഇത് പണി ആശാന് മനസ്സിലായ ആള് ചോദിച്ചു സാറ് ആ വലിയ ദ്വാരത്തി കൂടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഞാൻ കയറിക്കൂടെ പിന്നെ എന്തിനാ കുഞ്ഞുപൂച്ചയ്ക്ക് വേറെ കയറുമോ അത് ശരിയാണെന്ന് പറഞ്ഞു എഡിസൺ തലയോ എന്ന ഒരു ദ്വാരം പണിയുന്നു മനസ്സിലായത് കഥയിരിക്കും ചെലപ്പോ പക്ഷെ ഈ വലിയ ശാസ്ത്രജ്ഞന്മാരും അവർക്കൊക്കെ അവരുടെ വിഷയം ഒഴികെ വേറൊരു വിഷയത്തിലും ബോധം കാണത്തില്ല അങ്ങനെ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് ഈ ബോധമില്ലാത്ത മനുഷ്യൻ്റെ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലാതെ അത് നടക്കുന്നത് കൊണ്ട് അവർക്ക് ബോധമുണ്ടെന്ന് ധരിക്കരുത് ഇത് പരസ്യമായി പറഞ്ഞ ഒരുപാട് ട്രോൾ ചെയ്തു അതിനെ കുറിച്ച് എന്തെല്ലാം എന്തെല്ലാം ഇത് വെച്ചുകൊണ്ട് എന്താണ് പാണ്ഡവന്മാരുടെ കഥയും ഓരോ രാജ്യങ്ങളെ എന്ന് വെച്ചുകൊണ്ട് എത്ര എത്ര കഥകളുണ്ടായി അങ്ങനെ പാണ്ഡവന്മാര് സഞ്ചരിച്ചു പോയപ്പോ അവര് എന്താണോ ഏതോ ഒരു സ്ഥലത്തെത്തി എത്തി അപ്പൊ മുമ്പേ എത്തിയത് പിന്നെ ആരാണ് അത് ഏറ്റവും പിറകെ പോയത് ആരാണ് അനിയൻ അപ്പൊ വിളിച്ചു ചോദിച്ചത് എത്തിയോ വിളിച്ചു ചോദിച്ചത് അതാണ് പിന്നീട് എത്തിയോപിയ ഇങ്ങനെയാണ് ട്രോളുകൾ ഒരുപാട് ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് എന്തുമാത്രം പരിഹരിക്കും ഇങ്ങനെയുള്ള വെട്ടിത്തങ്ങൾ മനുഷ്യൻ അതുപോലെ ഇത്തരം ഭാവനകൾ കണ്ടിട്ടാണ് അവർ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ ഒരു ഭാവനയല്ലവർക്കെ പറ്റും ഇതേ ഒരു ഒന്നാം തരം കവിയാണ് അത് യഥാർത്ഥമാണ് അല്ല എന്നുള്ളതല്ല ഇതെഴുതുന്നത് ഭാവനയാണ് ഭാവനകൾ പിന്നീട് യഥാർത്ഥമായി വരും പിന്നെ ഈ പ്രപഞ്ചം ബോധത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ദർശനമാണ് അതിന് ദർശനമായിട്ട് അതാണ് ഇതിന്റെ അടിസ്ഥാനം ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം അതാണ് ബോധത്തിൽ പ്രപഞ്ചം ഒരു ദർശനം എന്നുള്ള അതിന് മൂല്യമുണ്ട് അതിന് ദാർശനികമായ മൂല്യം എന്ന് പറയും അതുണ്ടാവും ശരിയാണ് അതൊക്കെ ഭൗതികമായ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് അനേകം ഗാലക്സികൾ ഉണ്ടാകുന്നത് ഇതിലേ ഇതാണോ ഇപ്പോൾ ഏറ്റവും അവസാനമായ ടെലിസ്കോപ്പുള്ള എന്തായ പേര് ജെയിംസ് ഫോട്ടോ അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് നിങ്ങൾ നാസയുടെ വെബ്സൈറ്റിൽ പേര് നോക്കിയേക്കാം ഒരു ഗാലക്സി ഉണ്ടാകുന്നതിൻ്റെ ഫോട്ടോ എങ്ങനെയുള്ള ഒരു ഗാലക്സി നമുക്ക് ഉണ്ടാകുന്ന മനസ്സിലാകുന്നില്ല സയന്റിസ്റ്റുകൾ പറയുന്നതാണ് അത് ആ ഫോട്ടോക്ക് അനിവേഷൻ ചെയ്താണ് നമ്മുടെ ഈ നമ്മൾ കാണുന്നു പക്ഷെ ഒരു ഗാലക്സി എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് എത്രയോ ലക്ഷം പ്രവാസം അങ്ങനെ ഒരു ഗാലക്സി പ്രപഞ്ചത്തിന്റെ ആകെ ബിഗ് ബാങ് കഴിഞ്ഞ് ലക്ഷക്കണക്കിന് വൈകുന്നുള്ളൂ ഗാലക്സി രൂപപ്പെടുന്നതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മളിന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭൂതകാല ചരിത്രം ഫോട്ടോയിൻ്റെ അടുത്തയാണ് ഭൂതകാലത്തെയാണ് ഫോട്ടോ ഭൂതകാലം നഷ്ടപ്പെട്ടു പോകുന്നില്ല ഭൂതകാലം പ്രപഞ്ചത്തിലു ഭൂതകാലം ഇന്നും അവിടെ നിൽക്കുകയാണ് ഇന്ന് നിൽക്കുന്നു എന്നല്ല ഇന്നും അതിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റും ഒന്നുകൊണ്ട് ആ ലൈറ്റ് ഇവിടെ വന്ന് ക്യാമറ വീഴുന്ന ഇപ്പോഴാണ് അത് സംഭവിച്ചത് എത്രയോ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പിലാണ് അപ്പോ ഇത് ഇന്നത്തെ ഭൗതികമായ അധാർഢ്യമാണ് എന്നൊരു ഭാവനയിലുണ്ടാവും രണ്ടെണ്ണം കൂടെ വ്യത്യാസം സംഖ്യാ മുമ്പയാന്ദ്യത്തെ അതിന് രണ്ടാങ്കിലും പറഞ്ഞത് ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ചതാ പറഞ്ഞു അത് കണക്കാക്കാൻ പറ്റില്ല അപ്പോ ഇവിടെ പറയുന്ന എന്താണ് പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചല്ല ഇവിടെ പ്രധാനമായി പറയുന്നത് എന്താണ് പരമാഗ പ്രകാശാന്ത ഇതാക്കുക ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്ന ദർശനം അതാണ് മറ്റു ഇതെല്ലാം എന്താണ് ഒരു ചിതാകാശത്തിൽ ബോധാകാശത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ആരെ കുറിച്ച് വ്യാസനെ കുറിച്ച് ഉത്തരം പ്രപഞ്ചത്തെ കുറിച്ചാണ് അത് ഒടുവിൽ അവിടെ എത്തിച്ചേരുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അതിന്റെ വ്യക്തി കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ടാണ് വർത്തമാനാസ്തുയോക് സത്യൻ കാസ്റ്റസംഖ്യാസ്റ്റന കേരളിൽ റെയ്ഡോയ്ക്ക് ഗണകോടയ വർത്തമാന യാസന്ധി ഇന്ന് നിലനിൽക്കുന്ന ഈ ഗണകോടികൾ കോടിക്കണക്കിന് പ്രപഞ്ച സമൂഹങ്ങൾ ഗാലക്സികൾ എന്ന് പറയുന്നത് അതാണ് ഗണകോടികൾ അനേകം ഗ്രഹങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗാലക്സിയിലൂടെ അണ്ട്രോമീ ഗ അങ്ങനെയുള്ളവയുടെ ഇന്നും അത് നിലനിൽക്കുന്നു കുറെ ഒക്കെ പോയി ഇന്നും നിലനിൽക്കുന്നുണ്ട് സഖ്യന്ദേ അസ്ത്രസ്തി അത് എല്ലാ കാണുന്ന സാധ്യമല്ല അതൊരിക്കലും എണ്ണാൻ സാധ്യവല്ല എന്നാണ് ഒന്നിനെയും ഇവയെ ഒന്നിനെയോ ഈ ഗണകോടികൾ ഒന്നിനെയും ഈ ജനാശ്വരങ്ങളിൽ നിന്നാണ് വേണ്ടി തിരപ്പെടുത്താൻ കഴിയത്തില്ല ഇതാണ് പാശ്ചാത്യം ആകർഷിച്ച് ഈ പാശ്ചാത്യ സയന്റിസ്റ്റുകളെ ആഗ്രഹിച്ച് ആകർഷിച്ചാണ് എന്താണ് അവര് നോക്കിയപ്പോ അവര് ഈ ഗാലക്സികളെ കുറിച്ചൊക്കെ പ്രവചിച്ചത് ആദ്യം കാൻ്റാണ് ഒരു ഫിലോസഫറാണ് പിന്നീടാണ് അതിനെ സ്ഥിരീകരിച്ചത് ശാസ്ത്രജ്ഞ ആയിരത്തി തൊള്ളായിരം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ വ്യക്തമായ ധാരണ വരുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് അപ്പൊ അതിൽ തന്നെ അവര് കൺഫ്യൂഷൻ ആണ് അപ്പോഴാണ് ഇത് എന്താണ് ഇങ്ങനെയുള്ള ഗാലക്സികളെ കുറിച്ചും മറ്റുമെല്ലാം അവരറിയുന്ന ഭാരതത്തിലെ പഴയ ആൾക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നല്ല അപ്പോഴാണ് അവർക്ക് ഇതിനോട് ആകർഷണം ഉണ്ടായത് അങ്ങനെ അവർ കണ്ടുപിടിച്ചെങ്കിൽ എന്താണ് പ്രപഞ്ചത്തിന്റെ ആധാരം ോധം തന്നെ ആയിരിക്കും എന്നൊരു നിഗമനത്തിൽ പലരും എത്തിച്ചേർന്ന അങ്ങനെയാണ് കാരണം ഇത് ഇവർ കണക്കാക്കി എങ്ങനെയാണ് പുതിയ സയൻസിസ്റ്റുകൾ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ അത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുന്നത് അപ്പൊ ആ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒന്നും കൂടാതെ അല്ല പഴയകാലത്ത് ഉണ്ടായിരുന്ന ഈ ഗ്രന്ഥം എഴുതിയാണ് ഇതുപോലുള്ള കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് ഇതിനെ വ്യാഖ്യാനിച്ചവരേണ്ടി പക്ഷെ വാസ്തവത്തിൽ സംഭവിച്ചെന്താണ് എന്താ അതാരും പറയുകയല്ലേ നമ്മുടെ വില കളയില്ലാന്ന് വിചാരിച്ചാലും പറയുക വാസ്തവത്തിൽ ഇതെ ഒരു ഭാവനയും കണ്ടതായിരിക്കും പുഷ്പക വിമാനം പോലും പിന്നെ അവരുടെ ദർശനം അതിനോട് കൂട്ടിച്ചേർത്തു അതാണ് ഇതിന് വലിയ പ്രചാരം പാശ്ചാത്യ നാടുകളിലൊക്കെ ഉണ്ടായത് ഇതെല്ലാം അവരുടെ കണ്ടുപിടുത്ത വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് രണ്ടാ കാര്യങ്ങളും നല്ല ഭാവന ഭാവനെ കാണാമോ വളരെ പ്രാചീനമായ കാലമാണ് എന്താണ് സ്വർഗത്തെയും നരകത്തെയൊക്കെ ഭാവനയും കണ്ടെങ്കിൽ സ്വർഗങ്ങളിലുള്ള ലോകങ്ങളിൽ അതിപ്പോ ഭാരതത്തിൽ കണ്ടെത്തി ഇതൊക്കെ നിങ്ങൾ പറയും അതൊക്കെ ഭാവനയെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് എന്നാൽ അങ്ങ് സമറ്റിക്കുന്ന മതങ്ങളിൽ അതൊക്കെ നിങ്ങൾ പറയും പൊട്ടക്കഥകളാണ് ഇതൊക്കെ ഭാവനകളാണ് മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് മനസ്സിലാക്കി പോയിന്റിന് വരെ അബദ്ധം പറ്റും ദർശനവും ഭാവനയും അവിടെ എത്ര എങ്ങനെ മനോഹരമായിട്ടാണ് ഇദ്ദേഹത്തെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് ഗ്രന്ഥകർത്താവ് അത് രണ്ടുമാണ് ദാർശനികമാണോ കവിയുമാണ് എന്നുള്ളത് മനസ്സിലാക്കും അല്ലെങ്കിൽ അവിടുന്ന് ഒരുപാട് പേര് ഒരുപാട് പേരെ മണ്ടന്മാരാക്കി എനിക്ക് നിങ്ങൾ മണ്ടന്മാരാകണമെന്നുള്ള യാതൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടു കാര്യം പറയുന്നത് ഇതെണ്ണാൻ കഴിയത്തില്ല സൃഷ്ടി അതിനെ അളക്കാൻ കഴിയത്തില്ലാണത് ഭവിഷ്യ പരാംബോ ജഗത് തർക്ക തരംഗകം സഥൈവനത്തി അപ്പോ പറഞ്ഞത് ഇപ്പോ ഉണ്ടെന്നാണ് പറയുന്നു വർത്തമാനസ്ഥ ആദ്യത്തെ നാലാമത്തേക്ക് പറഞ്ഞെല്ലാം അത് ഒട്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉണ്ടായി മറിഞ്ഞോണ്ടെങ്കിലും ഇപ്പോൾ പൂർവ്വകാലത്ത് സംഭവിച്ചത് പിന്നെ പറയുന്ന വർത്തമാനം ഇപ്പൊ അത് സംഭവിച്ചുകൊണ്ടെങ്കിലും ഈ നമ്മൾ ഇപ്പോഴും അങ്ങനെ എന്താണോ ഉണ്ടായി പ്രകഞ്ചം ഉണ്ടായി വെച്ചുകൊണ്ടിരിക്കും ഇനി പറയുന്നത് ഭവിഷ്യ ഭാവിധ തന്നെ സംഭവം പ്രകഞ്ചിങ്ങനെ ഉണ്ടായി പരാമബോധവും അപ്പോൾ ചിലപ്പോൾ ഈ ഇതിനെ ചിതാകാശം എന്ന് പറയും ചിലപ്പോ രണ്ടു രീതിലും പറയാവും കാരണം എന്താണ് മനുഷ്യന്റെ അവന്റെ പ്രാഥമികമായ അറിവ് അവന് അനന്തമായി അനുഭവപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ആകാശവും സമുദ്രവും ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ അവന് സമുദ്രത്തിന്റെ അളവും അറിയില്ല പരയുന്നോ പറയുന്ന എന്താണ് മറുകര കാണാത്ത കടലും ഭാരതീയർക്ക് തീരെ അറിയില്ല സന്തത്തിനും ഉണ്ടാകും അതുപോലെ ഭൂഗോള വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാരതത്തെ ചുറ്റിപ്പറ്റി ഈ ഭാരതത്തിന്റെ ഒരറ്റത്തുള്ള മേലുപർവ്വതത്തെ ചുറ്റിപ്പറ്റി അങ്ങനെ കടലയാത്ര ചെയ്യുന്നത് പുറത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്ന അറബികളും മറ്റും പറഞ്ഞാണ് അവരും മറ്റു ലോകങ്ങളെ കുറിച്ച് അറിയുന്നത് കടയിൽ എഴുതുന്നവര് പ്രത്യേകിച്ചും ബ്രാഹ്മണൻ കടലിൽ ഇത് കൂടുതലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എഴുതിയിരിക്കുന്ന ബ്രാഹ്മണർ അവർക്ക് കടൽ യാത്ര വിശിഷ്ടമാണ് അവർക്ക് യാത്ര ചെയ്തവരെ ദേഷ്യത്തിൽ പഴയത ഭൂഗോളവിജ്ഞാനം വളരെ പരിമിതമാണ് പിന്നെ കേട്ട പ്രമുഖവരെഴുതിയിട്ടുണ്ട് മഹാഭാരതത്തിനകത്തുണ്ട് ഭൂഗോള വിജ്ഞാനം അത് നമ്മുടെ നാടിനും നമ്മുടെ ചുറ്റുമുള്ള കടല് ഹിമാലയ പർവ്വതം ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അതുകൊണ്ട് കടൽ അനന്തമായി കാണുന്നതുകൊണ്ട് അവരെന്ന് പറയുന്നു ഇങ്ങനെ ഒരു വലിയ സമുദ്രമായി പറയുന്നു ഇങ്ങനെ ബ്രഹ്മത്തിൽ ചിതാകാശം അല്ലെങ്കിൽ ചിത്സമുദ്രം രണ്ടു രീതിയിലും പറയും ചിതാകാശം സമുദ്രം പരാബോധി ജഗസർഗ തരംഗങ്ങൾ അവിടുത്തെ ജഗത് സൃഷ്ടി എന്ന് പറയുന്ന തരംഗങ്ങളാണ് സാധാരണമായിട്ട് പറയുന്നത് പരബ്രഹ്മ ഒരു സമുദ്രമായിട്ടെടുത്താൽ അതിന്റെ തരംഗങ്ങളാണ് എന്ത് ജഗ സൃഷ്ടി നിരന്തരം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടെങ്കിൽ തരംഗങ്ങളുണ്ട തരംഗങ്ങളുണ്ടായി നശീന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനി സംഭവിച്ചുകൊണ്ടിരിക്കും അതും എന്താണ് താമസിച്ച അവയേയും പരിസംഖ്യ വേണ്ടുന്നങ്ങനെ കഥായോ അത് ഒന്ന് എന്താണ് എന്ത് കഥാന്ന് നമ്മൾ സാറിന് പറയുന്നത് എന്നിട്ട് അതൊന്ന് പറയാൻ കൂടി സാധ്യമല്ല ചിന്തിക്കാൻ കൂടി സാധ്യം പിന്നെ എൻ്റെ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി അത്രയും വലുതാണ് എന്നാണീ പറയുന്നത് ശ്രീരാമ ഞാ ഭൂത ഞാ ഭവിഷ്യുന്നു ജഗത് സ്ഥലത്തുള്ള പരമ്പരാസാചാരണ യുക്ത വർത്തമാനാസുതായ ശരി ഞാൻ ഭൂത എന്താണോ കഴിഞ്ഞു പോയി അങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞിട്ടെന്താ കാര്യം എന്തീ പ്രപഞ്ചം ഭവിഷ്യോ ജഗസർഗരമ്പര ഈ ജഗസൃഷ്ടി പരമ്പര ജഗസർഗം ജഗസ് സംസരണം എന്നൊക്കെ ഇതിനെ സ്ഥിരോപയോഗിക്കുന്ന വാക്കുകളാണ് പ്രപഞ്ചം എന്നുള്ളത് എന്ത ഈ പരമ്പര അതവിടെ ഇരിക്കട്ടെ കുറെ കഴിഞ്ഞുപോയി ഇന്ന് വരാനും ദസാം വിചാരണ യുക്ത അതൊക്കെ ശരി പറഞ്ഞ ശരി തന്നെയാണ് പക്ഷേ വർത്തമാനാസംഖായും ഇപ്പൊ ഉള്ളത് എത്തെന്ന് പറയും അതെങ്ങനെയാണ് കായിവ അതെങ്ങനെയാണ് ഇതുപോലെ അതെങ്ങനെയാണ് കഥ ബുകൾ പ്രയോഗിക്കും അത് എപ്രകാരമാണ് ഈ വർത്തമാനത്തിലെ ഈ ജഗത്ത് ഇപ്പം നിലനിൽക്കുന്നു പ്രപഞ്ച് ശ്രീ വസിഷ്ഠപ്പാട് അപ്പോ ഇദ്ദേഹത്തിന്റെ ആ എന്താണ് കാഴ്ചപ്പാട് ഭാവന നോക്കണം എത്ര എന്നാണ് പ്രപഞ്ചത്തെ ഭൂതം ഭാവി വർത്തമാനം ഇങ്ങനെ ബഹുപ്രപഞ്ചമായിട്ട് വിശദീകരിച്ചിട്ട് പിന്നെ അതിൻ്റെ വർത്തമാനത്തിലേക്ക് വന്ന് നേരെ വേസൻ്റെ എത്തിച്ചേർക്കുന്നു അതാണ് കവിത്വം എന്ന് പറയുന്നത് പുരുഷ ദേവദേശി യസ്വിന്റെ പ്രദേശ പറയുന്നു തിരുവിക്കുകൾ പക്ഷി മൃഗാദികളെല്ലാം പുരുഷന് മനുഷ്യരിൽ ദേവാലികളിൽ യോ നാമേശി ഇപ്പൊ വർത്തമാനം നമത്തെ കുറിച്ച് പറയാം ഇവർ കുറേക്കും മരിക്കും ചത്വവും യസ്മിന്നെ എവിടെയാണ് ഞങ്ങൾ നശിക്കുന്നത് ഇതെവിടെയാണ് നശിക്കുന്നത് ചിതാകാശ ഭൂമി കടലിലൊന്നും അല്ല എല്ലാം ദശിക്കുന്നത് എവിടെയാണ് എവിടെ നിന്നാണോ ഉണ്ടായത് അവിടെയാണ് ഇതൊക്കെ ദശിക്കുന്നത് അതൊക്കെ ദശിക്കുന്നത് ചിതാകാശത്തിലാണ് അതുകൊണ്ട് യശൻ പ്രദേശം ഏതൊരു പ്രദേശത്തിലാണോ നശിക്കുന്നത് അവിടെ അസവും അവിടെ ഈ എന്താണ് ബോധാത്മാവ് അസൗ തദൈവ തതായവ ഇതൃപിച്ച് അതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വർത്തമാനത്തിൽ ഈ ബോധാത്മാവ് ഈ ചിതാകാശം ഈ ചിതാകാശം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കാണും നമ്മളെല്ലാവരും ചെയ്യുന്നു നമ്മിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ നമ്മളെല്ലാം ഇതൊക്കെ നശിക്കുന്നത് എന്താണ് ഇത് നമ്മൾ നമ്മളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല എല്ലാത്തിനും കൂടെ എഴുതി പറയുകയും ചിതാകാശം അവിടെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി ഒന്നും ആ ചിതാകാശം എന്ത് ചെയ്യുന്നു ഇതിനെല്ലാം ഇതെല്ലാം സാക്ഷിയായിരിക്കുന്നു നമ്മൾ ഒരാളാകുന്നവരാണ് ചോദ്യം ഞാൻ എന്താണ് ഈ ദേവന്മാരും മനുഷ്യരും എല്ലാം ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് ഞാൻ ഒരാളല്ലെന്നും എന്തിനാണ് ഭാഷകാരം പറയുന്നത് സർവാത്മഭാവം സർവാത്മാവായ ഒരു രീതിയിൽ എല്ലാവർക്കും എന്താണ് തൊഴിൽ ഒരു ബോധാത്മാവുന്നു അതിലാണിതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ അസുഖം എന്ന് പറയുന്ന എപ്പോഴാണ് കഥ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ ഇതിന് ഈ പ്രപഞ്ചത്തെ പ്രപശ്യ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കണം അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമുണ്ട് കാരണം ഇതെല്ലാം ഉണ്ടാകുന്നത് ഞാൻ വീണ്ടും കുറച്ചുപേരൊക്കെ ജനിക്കുന്നു മരിക്കുന്ന ഞാൻ കാണുന്നു അത് നമ്മളെന്താണ് വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് ശരീര പരിച്ഛിന്നനായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം എന്തുവേണം ഭാവന അവിടെയാണ് ഭാവന വരുന്നത് അല്ലാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല കുറച്ച് ഭാവന വരും ഭാവനയിലൂടെയാണ് മനസ്സിലാക്കാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ബോധം ഒറ്റ ബോധം ആ ഒറ്റ ബോധമോട് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മം ഏകം ഇതെല്ലാം അല്പം ഭാവനയിൽ പോയിട്ടുണ്ടെങ്കിലെല്ലാം ഏകബോധമായ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് കാണുന്നു അതാണ് നമ്മളോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതിവാഹികൾ നാമ അന്തസ്വഹൃദൈവ ജഗത്ത്രയം വ്യോമനി ചിത്തശരീരേണ വ്യോമാ അനുഭവത്തി അജ അജൻ എവിടെയോ കേട്ടത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എവിടെ അജനായിരിക്കുന്ന ആ പരമാത്മാവ് ആതിവാഹിക നമുനുസിച്ചിരിക്കുന്നതിന് സഹായിക്കുന്ന അതായത് നമ്മൾ പുരുഷത്തിൽ പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉത്തരായണത്തിലൂടെയും ദക്ഷിണായണത്തിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നതാണെന്ന് ആദിവാഹിക ദേഹം അവനും സൂക്ഷ്മശരീരോടുകൂടെ ഈ ശബ്ദം ഇനി ആവർത്തിച്ചാവർത്തിച്ചു പല ഭാഗത്തുനിന്ന ചിത്തശരീര അവൻ ഇവിടെ പറയുന്നത് ചിത്തശരീരം സൂക്ഷ്മശരീരം എന്ന് വെച്ചാൽ ചിലത് എന്താണ് ബോധമയമായ ഒരു ശരീരമാണ് അതുപോലെ ചിത്തശരീരോടുകൂടെ ബോധത്തിൽ നിൽക്കുന്ന ബോധമയമായ ശരി ഇതെല്ലാം ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചോളണം അപ്പത്തന്നെ കാണുമ്പോ തന്നെ എന്തു ചെയ്യണം ഭാവന ഉപയോഗിച്ചോളൂ ബോർഡി മനസ്സിലായി നിങ്ങളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഭാവനയിലൂടെ നമ്മളതിനോട് താതാപ്യപ്പെട്ടാലേ നമുക്ക് എന്ത് വരും അതിന്റെ ആസ്വാദനം നടക്കത്തുള്ളൂ നമ്മുടെ എന്തെങ്കിലും ഭാവനയിൽ കണ്ടോണം സ്വന്തം ഭാവനയും കാണണം അല്ലെങ്കിൽ നാളെ ഇല്ലെങ്കിലും ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു കവി അങ്ങനെ കൊണ്ട് ഉദ്ദേശിച്ചു ഇതുകൊണ്ടാണ് ഇത് എന്താണോ ഇത് വായിച്ചിട്ട് ആൾക്കാർ ക്ലിക്കാവുന്നേ ഇതുപോലൊരു സംഭവമേ അങ്ങട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നവരാണ് ഭാവനയുള്ളവരാളോ ഭാവനാശാലികളും ഒക്കെ പറ്റും പിന്നെ ഇങ്ങനെ ഒരു വായ്പ കേട്ട് ഭാവിയും ബലവും പോലെ അവസാനം ചേച്ചി പോകരുത് അങ്ങനെ വരണ്ട് മനസ്സിലാക്കാം നമുക്ക് ഭാവനാനാമത്തെ വിഹരി ആദിവാഹികമായ ചക്തശരീരത്തിലൂടെ എന്താണ് സ്വഹൃദ്യം നോക്കി എന്റെ ഹൃദയമാകുന്ന ആകാശം ഇവിടെ ഹൃദയം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പമ്പല്ല അങ്ങനെയും ധരിച്ചിട ചിതാകാശത്തേ അവിടെ എന്ന് പറയുന്നു ജഗത്രയും ഈ മൂന്ന് ലോകത്തെയും വ്യോമാത്മാ കാണുന്നവനെന്താണ് അവനും ആകാശസ്വരൂപനാണ് വ്യോമാത്മാരെയും ചിതാകാശം ചിത്താകാശം ചിതാകാശം ജടാകാശം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇത് ഈ ആവർത്തിച്ച് ആവർത്തിച്ചു വരും ചിതാകാശവും പറയും ചിലയ്ക്ക് ചിത്താകാശവും പറയാം അല്ലെങ്കിൽ വേർതിരിച്ച് പറയും ഈ കാണുന്ന ആകാശ ജടാകാശം ചിത്താകാശം എന്ന് വെച്ചാൽ മനസ്സ് എന്താണ് ശുദ്ധമായ ചിതാകാശം അല്ല മനസ്സെന്ന് പറയുന്നൊന്നുണ്ടല്ലോ ഇവിടെ ഇപ്പം പറയുന്നില്ല ചിതാകാശമാണെങ്കിലും സഞ്ചരിക്കുന്നെങ്കിലും ചിത്തശരീരം എന്നാണ് ആ ചിത്തം അതും വ്യാപകമാണെന്നുണ്ടെങ്കിൽ ചിത്താകാശം എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പവികല്പങ്ങളൊക്കെ നടക്കുന്ന അതിനാധാരമായിരിക്കുന്നതാണെന്താ ചിതാകാശം ചിതാകാശത്തിലെ നിഴലുകൾ പോലെയാണ് ചിത്താകാശം എന്നൊക്കെ പറയും ഇവിടെ വർണ്ണനയ്ക്കുന്ന ഒരു ദാരിദ്ര്യം നമ്മൾ ആസ്വദിച്ചാൽ മാത്രം ഇത് ആസ്വദിക്കാനുള്ള ഒരു സാധനമാണ് പ്രത്യേക മനസ്സിലാവുന്നത് ഒരല്പം എന്താണ് ഒരു സഹൃദയെത്തും അതുമാത്രമേ കവി ആവശ്യപ്പെടുന്നു വ്യോമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമാത്മാ അവിടെ അവിടെയാണ് എന്ത് ചെയ്യുന്നത് ചിത്തശരീരേണം അനുഭവത്തി അജ ചിത്തശരീരം കൊണ്ട് അനുഭവിക്കുന്നു നമ്മൾ സ്വയം എന്താണ് വ്യോമാത്മാവാണ് പക്ഷെ നമുക്ക് ഈ പ്രപഞ്ചത്തേക്ക് അനുഭവിക്കുന്നതെങ്കിൽ എന്തുവേണം ചിത്തശരീരം രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സ്വയം എന്താണോ വ്യോമാത്മാവാണോ പക്ഷെ നമ്മൾ എന്ത് ചിത്തശരീരം കൊണ്ട് ഈ പറയുന്ന ഇതിന്റെ എന്തിനറിയുന്നു നാശത്തെ മരണത്തെ അറിയുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ഓരോ ജീവന്മാരും മരിക്കുന്നു ആ മരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ മരണത്തെ അറിയുന്നു അങ്ങനെ ചിതാത്മാവായിരിക്കുന്ന നമ്മൾ ചിത്താകാശം കൊണ്ട് നമ്മുടെ മരണത്തെ അറിയുന്നു കാരണം അങ്ങനെ അറിഞ്ഞേ പറ്റൂല്ലെങ്കിൽ അറിയാതെ എങ്ങനെ നമ്മൾ ഭരണഘടത്ത് പോകുന്നു മരിച്ചതിന് ശേഷം പോകുന്നില്ലേ അപ്പം ഇവിടെ ഇനി പറയാൻ പോകുന്ന എന്താണ് നമ്മൾ മരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒക്കെ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഈ ഭൂമിയും ആകാശവും മേടോട്ടം മുങ്ങിയ മൂന്ന് രോഗങ്ങളൊന്നും കാണുന്നില്ലേ അക്കത്തെ കൂടും ഒക്കെ കാണുന്നില്ലേ അതുപോലെ മരിച്ചു കഴിഞ്ഞാലും നമ്മളെന്ത് വാസനാമയമായി എല്ലാ രോഗത്തെയും കാണുന്നു എന്നാണ് ഒരു അല്പസമയം ബോധമില്ലാതെ അത് ശരിയാ അത് കഴിഞ്ഞ് പിന്നെ എന്തു ചെയ്യും അത് ഉറക്കം പോലെയും ഉറക്കത്തിൽ കുറച്ച് സമയം ബോധമില്ല അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബോധം ചെയ്ത് നോക്കണത് പോലെ നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ ലോകത്തിലാണ് ആ ലോകം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ തീരുമാനിക്കേണ്ടത് എങ്ങോട്ട് പോകണമെന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് എന്നാലും അപ്പൊ നമ്മൾ തീരുമാനം എടുക്കും ഏത് ലോകത്തിലേക്കാണ് സഞ്ചരിക്കേണ്ടത് അപ്പോൾ മരണത്തോടു കൂടി നമ്മുടെ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കണം പക്ഷെ അത് വാസനാമയമായ മറ്റൊരു ലോകമാണ് പറയും അത് വാസനാമയമായ ലോകം ഇത് ഖനീഭൂതമായതോ കട്ടി പിടിച്ചതോ ഇങ്ങനെ രണ്ട് ലോകം ഉണ്ടല്ലോ മനസ്സിലായി ഭാവനയുണ്ടെങ്കിലേ മനസ്സിലാക്കാം കിക്കാക ഭാവന കൊണ്ട് എന്ത് ചെയ്യണം ഇതിന് സമാ എന്നെങ്കിൽ നമ്മളെൻ്റെ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ മരിച്ചെന്ന് നമ്മൾ വാസനാമായ ലോകത്തോടെ സഞ്ചരിച്ചോണ്ട് സഞ്ചരിക്കുന്നു തോന്നും വഴിയിടക്ക് ആരെങ്കിലുമൊക്കെ തട്ടി വീഴും അതിൻ്റെ വണ്ടിയുടെ അടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഭാവന എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം സമയം കഴിഞ്ഞിരിക്കുകയാണ്